അധ്യായ ഒൻപത് അവർ മിസ്രൈം ദേശത്തുനിന്ന് പുറപ്പെട്ടു പോന്നതിന്റെ രണ്ടാം സംവത്സരം ഒന്നാം മാസം യഹോവ സിനായി മരുഭൂമിയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് പെസഹ അതിന് നിശ്ചയിച്ച സമയത്ത് ആചരിക്കണം അതിന് നിശ്ചയിച്ച സമയമായ ഈ മാസം പതിനാലാം തീയതി വൈകുന്നേരം അത് ആചരിക്കുന്നതാണ് അതിന്റെ എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരണയായി നിങ്ങളത് ആചരിക്കും പെസഹ ആചരിക്കണമെന്ന് മോശ ഇസ്രയേൽ മക്കളോട് പറഞ്ഞു അങ്ങനെ അവർ ഒന്നാം മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് സിനായി മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിച്ചു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു എന്നാൽ ഒരു മനുഷ്യന്റെ ശവത്താൽ അശുദ്ധരായി തീർന്നിട്ട് ആ നാളിൽ പെസഹ ആചരിപ്പാൻ കഴിയാത്ത ചിലർ ഉണ്ടായിരുന്നു അവർ തന്നെ മോശയുടെയും അഹരന്റെയും മുമ്പാകെ വന്ന് അവനോട് ഞങ്ങൾ ഒരു തന്റെ ശവത്താൽ അശുദ്ധരായിരിക്കുന്നു നിശ്ചയിക്കപ്പെട്ട സമയത്ത് േൽ മക്കളുടെ ഇടയിലെ യഹോവയുടെ വഴിപാട് കഴിക്കാതിരിപ്പാൻ ഞങ്ങളെ മുടക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു മോശ അവരോട് നിൽപ്പീൻ യഹോവ നിങ്ങളെക്കുറിച്ച് കൽപ്പിക്കുന്നതെന്ത് എന്ന് ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു എന്നാറേ യഹോവ മോശയോട് അരുളി നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് നിങ്ങളിലോ നിങ്ങളുടെ സന്തതികളിലോ വല്ലവനവനും ശവത്താൽ അശുദ്ധനാകയോ ദൂരയാത്രയിൽ ആയിരിക്കുകയോ ചെയ്താലും അവൻ യഹോവയ്ക്ക് പെസഹ ആചരിക്കണം രണ്ടാം മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് അവർ ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തോടും കൈപ്പൂ ചീരയോടും കൂടെ അത് ഭക്ഷിക്കണം രാവിലത്തേക്ക് അതിലൊന്നും ശേഷിപ്പിച്ച് വെക്കരുതിരുന്നു അതിന്റെ അസ്ഥിയൊന്നും ഒടുക്കേയും അരുതരുത് പെസഹയുടെ ചട്ടപ്രകാരമൊക്കെയും അവർ അത് ആചരിക്കേണ്ട എന്നാൽ ശുദ്ധിയുള്ളവനും പ്രയാണത്തിൽ അല്ലാത്തവനുമായ ഒരുത്തൻ പെസഹ ആചരിക്കാതെ വീഴ്ച വരുത്തിയാൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം നിശ്ചയിച്ച സമയത്ത് യഹോവയുടെ വഴിപാട് കഴിക്കായ അവൻ തന്റെ പാപം വഹിക്കേണ്ട നിങ്ങളുടെ ഇടയിൽ വന്നുപാർക്കുന്ന ഒരു പരദേശിക്ക് യഹോവയുടെ പെസഹ ആചരിക്കണമെങ്കിൽ പെസഹയുടെ ചട്ടത്തിനും നിയമത്തിനും അനുസരണയായി അവൻ ആചരിക്കണം പരദേശിക്കാകട്ടെ സ്വദേശിക്കാകട്ടെ നിങ്ങൾക്ക് ഒരു ചട്ടം തന്നെ ആയിരിക്കണം തിരുനിവാസം നിവർത്തുനിർത്തിയ നാളിൽ മേഘം സാക്ഷ്യകൂടാരമെന്ന തിരുനിവാസത്തെ മൂടി സന്ധ്യാസമയം തൊട്ട് രാവിലെ വരെ അത് തിരുനിവാസത്തിന്മേൽ അഗ്നിപ്രകാശം പോലെ ആയിരുന്നു അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു പകൽ മേഘവും രാത്രി അഗ്നിരൂപവും അതിനെ മൂടിയിരുന്നു മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രയേൽ മക്കൾ യാത്ര പുറപ്പെടുമ്പിടും മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമിറങ്ങും യഹോവിയുടെ കൽപ്പന പോലെ ഇസ്രേൽ മക്കൾ യാത്ര പുറപ്പെടുകയും യഹോവിയുടെ കൽപ്പന പോലെ പാളയമിറങ്ങുകയും ചെയ്തു മേഘം തിരുനിവാസത്തിന്മേൽ നിൽക്കുമ്പോൾ ഒക്കെ അവർ പാളയമടിച്ച് താമസിക്കും മേഘം തിരുനിവാസത്തിന്മേൽ ഏറെനാൾ ഇരുന്നുവെങ്കിൽ ഇസ്രയേൽ മക്കൾ യാത്ര പുറപ്പെടാതെ യഹോവയുടെ ആജ്ഞ കാത്തുകൊണ്ടിരിക്കും ചിലപ്പോൾ മേഘം തിരുനിവാസത്തിന്മേൽ കുറെ നാൾ ഇരിക്കും അപ്പോൾ അവർ യഹോവയുടെ കൽപ്പന പോലെ പാളയമിറങ്ങിയിരിക്കും പിന്നെ യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടുമ്പിടും ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ ഉഷസ് വരെ ഇരിക്കും ഉഷകാലത്ത് മേഘം പൊങ്ങിയെങ്കിൽ അവർ യാത്ര പുറപ്പെടുമ്പിടും ചിലപ്പോൾ പകലും രാവും ഇരിക്കും പിന്നെ മേഘം പൊങ്ങിയെങ്കിൽ അവർ യാത്ര പുറപ്പെടുമ്പിടും രണ്ടു ദിവസമോ ഒരു മാസമോ ഒരു സംവത്സരമോ മേഘം തിരുനിവാസത്തിന്മേൽ ആവശിച്ചിരുന്നാൽ പുറപ്പെടാതെ പാളയമടിച്ച് താമസിക്കും അത് പൊങ്ങുമ്പോഴോ അവർ പുറപ്പെടുമ്പിടും യഹോവിയുടെ കൽപ്പന പോലെ അവർ പാളയമിറങ്ങുകയും യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടുകയും ചെയ്യും മോശമുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ യഹോവയുടെ ആജ്ഞ പ്രമാണിച്ചു